എന്താണ് പരോക്ഷാണ് ഇവിടെ ബഹുമതി പ്രക്രിയ അനുസരിച്ച് പറയുകയാണ് ഇപ്പോ ആ വിദ്യാശക്തി രണ്ടായി പിരിഞ്ഞു ഏതൊക്കെയാണ് നേരത്തെ പറഞ്ഞു ഇന്ന് പറഞ്ഞത് ആവരണശക്തിയും നിക്ഷേപശക്തി വിക്ഷേപശക്തി എന്ത് ചെയ്യുന്നു എന്ത് ചെയ്യുന്നു സൂക്ഷ്മഭൂതങ്ങളെ സൃഷ്ടിച്ച് ആരൂടെ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നു അതിന് രണ്ടു പക്ഷം ഈശ്വരൻ നേരിട്ട് വിക്ഷേപശക്തി ഉപയോഗിച്ച് സൂക്ഷ്മഭൂതങ്ങളെ സൃഷ്ടിക്കുന്നു എന്നും അത് കഴിഞ്ഞ് ഹിരണ്യഗർഭനെ സൃഷ്ടിച്ചിട്ട് അല്ലെങ്കിൽ ബ്രഹ്മം ഹിരണിഗർഭനെ സൃഷ്ടിച്ചിട്ട് ഹിരണ്ഗർഭൻ ബാക്കി സൃഷ്ടി നടത്തുന്നു അങ്ങനെയൊക്കെ പല പക്ഷങ്ങളുണ്ട് എന്തായാലും നിക്ഷേപശക്തിയിൽ നിന്നാണ് സൃഷ്ടി സംഭവിക്കുന്നത് പിന്നെ വരുന്ന ആവരണശക്തി ആവരണശക്തി രണ്ടാണ് ഒന്നെന്താണ് അസത്വാപാദകം നാസ്തി ഇത്യാദി വ്യവഹാര പ്രയോജകം പിന്നെ എന്താണ് അടുത്തത് അഭാന അപാതകംഭാതി ഇത്യാദി വ്യവഹാര പ്രയോജകം എന്ന് പറഞ്ഞാൽ എന്താണ് ഞാൻ പറഞ്ഞത് പുസ്തകം അസ്ഥിന്ന് ഞാൻ പറയുമ്പോൾ കേൾക്കുന്നത് പുസ്തകം ഞാൻ ഉണ്ടാകും പുസ്തകം മുമ്പിൽ ഞാനെ കാണുമ്പോഴും പുസ്തകം ഞാൻ ഉണ്ടാകും കേട്ടപ്പോൾ ഉണ്ടായ ഞാനത്തെ എന്ത് പറയും പരോക്ഷമിയാണ് പുസ്തകത്തെ കണ്ടപ്പോ ഉണ്ടായ ഞാൻ ഞാനത്തെ എന്ത് പറയും പുരോക്ഷണം ഇങ്ങനെ ജ്ഞാനത്തിലൂടെ രണ്ട് ഭേദം പറയും ഇത് നമ്മൾ പറയുമ്പോൾ ഇതൊക്കെ ഒരു ബഹുമതികാരന്റെ പ്രക്രിയ അനുസരിച്ചാണ് ഈ പറയുന്നത് ഇപ്പോ പുസ്തകത്തെ കുറിച്ച് അറിയില്ല നിമേശപ്പുറത്ത് പുസ്തകം ഉണ്ടെന്നുള്ള അറിവില്ല അപ്പോഴാണ് ഞാൻ പറയണം അസ്ഥി പുസ്തകം അസ്ഥി എന്ന് പറയുമ്പോ അതുവരെ പുസ്തകത്തെക്കുറിച്ച് അറിവില്ലായിരുന്നു എന്ന് വെച്ചാൽ അവിടെ പുസ്തകത്തെക്കുറിച്ചുള്ള അവിദ്യ അല്ലെങ്കിൽ അജ്ഞാനമാണ് ഉണ്ടായിരുന്നത് പുസ്തകത്തെ കുറിച്ചൊരറിവില്ലായിരുന്നു അറിവില്ലായിരുന്നു എന്ന് വെച്ചാൽ അജ്ഞാനം ഉണ്ടായിരുന്നു എന്ന് പറയുന്നു വിജയമുണ്ട് അപ്പോഴാണ് ഞാൻ പറയുന്നു പുസ്തകം അസ്തി ഇപ്പൊ എന്ത് ചെയ്തു ആ ആവരണം നശിച്ചു കാരണം പുസ്തകമുണ്ടെന്ന് മനസ്സിലായി പുസ്തകത്തെ കുറിച്ച് അറിവില്ലായിരുന്നപ്പോ എന്തുണ്ടായിരുന്നു നിങ്ങളിൽ എന്താവരണം എന്നാണ് അപ്പൊ പറഞ്ഞത് അസത്വാതകമായ ഇല്ല എന്നുള്ള വ്യവഹാരം ചിന്തയാകാം പ്രവൃത്തിയാകാം വാക്കാവാം എല്ലാം വ്യവഹാരമാണ് അതിന് കാരണമായ അജ്ഞാനം നിങ്ങളുടെ ഉള്ളിലുണ്ടായിരുന്നു കാരണം ഇവിടെ പ്രശ്നമുണ്ടെന്ന് നമുക്കറിയില്ല അപ്പൊ അസത്വത്തെ ആപാദനം ചെയ്യുന്ന ഇല്ല എന്ന് പറയുന്നതായ അറിയില്ല എന്ന് ബോധിപ്പിക്കുന്നതായ ആവരണം നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടായിരുന്നു എന്തിനെ സംബന്ധിച്ചുള്ള ആവരണം പുസ്തകത്തെ സംബന്ധിച്ച് അപ്പൊ ആ ആവരണത്തെ എന്താ പറയുന്ന അസത്വ ആപാതകമായ ആവരണം എന്ന് പറയും അതുകൊണ്ടാണ് പറഞ്ഞ എന്താണ് പുസ്തകമില്ല എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറയാനും പുസ്തകമാസ്തി പുസ്തകം ഉണ്ടെന്നെയാണ് പറഞ്ഞത് ഇപ്പൊ എന്ത് സംഭവിക്കുന്നു അവർ ബോധമുണ്ടായി പുസ്തകം ഉണ്ടെന്ന് പുസ്തകം ജ്ഞാനമുണ്ടായി പക്ഷേ ഈ ജ്ഞാനത്തിന് എന്ത് പറയും പരോക്ഷം കാരണം ഇന്ദ്രിയങ്ങൾ കൊണ്ട് നമ്മൾ കാണുന്നില്ല ശബ്ദത്തിൽ നിന്നുണ്ടായ ജ്ഞാനമാണ് പുസ്തകം അസ്ഥി ശബ്ദം ശബ്ദം കേട്ടുണ്ടായ ജ്ഞാനമാണ് എന്നുവെച്ചാൽ പുസ്തകം അവിടെ ഒരു വസ്തുവാണ് ഇന്ദ്രിയങ്ങൾ കൊണ്ട് പ്രത്യക്ഷമാക്കാൻ പറ്റിയ ഒരു സാധനമാണ് പുസ്തകം പക്ഷേ പുസ്തകമാണ് പ്രത്യക്ഷമാകുന്നില്ല ഇത് പറഞ്ഞു കഴിഞ്ഞു പക്ഷേ പുസ്തകത്തെക്കുറിച്ച് ബോധമുണ്ടാകും പുസ്തകമുണ്ട് അതെവിടെയുണ്ട് ഏതോ പുസ്തകമാണ് ഇങ്ങനെയൊക്കെ നമുക്ക് ബോധമുണ്ടാകും അപ്പൊ ആവരണം അസത്വപാതകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വസ്തുവിനെക്കുറിച്ച് നമുക്ക് ബോധമില്ലാതെ അല്ലെങ്കിൽ ഇല്ല എന്നറിയുക എന്ന് വേണമെങ്കിലും പറയാം ഉണ്ടെന്ന് അറിയുന്നില്ല അതിന് വേറെ എന്തറിയുന്നു ഇല്ല അതിന് അപ്പൊ ഞാൻ ചോദിക്കണി വേഗനകത്ത് പുസ്തകം ഉണ്ടോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയും ഇല്ല എന്ന് പറയും എന്തെങ്കിലും അറിയില്ല എന്ന് പറയാം രണ്ടും പറയാം രണ്ടായിരുന്ന എന്ത് ചെയ്യുന്നു പുസ്തകത്തിന്റെ അസത്വത്തെയാണ് നിങ്ങൾ പറയുന്നത് ഇല്ല ഇല്ല എന്ന് അറിയണ്ട എന്ന് പറഞ്ഞാലും അസത്വം അതാണ് പറയുന്നത് അതുകൊണ്ട് അസത്വത്തെ ആപാദനം ചെയ്യുന്ന പറയുന്നതായ ആവരണം ആയതുകൊണ്ട് അതിനെന്ത് പറയുന്ന അസത്വ ആപാദകമായ ആവരണം എന്ന് പറയും അപ്പൊ ഞാൻ പറയുന്നത് അവിടെ പുസ്തകമുണ്ട് എന്ന് ആവരണം നശിച്ചിട്ട് എന്ന് വെച്ചാൽ പുസ്തകമുണ്ട് എന്നുള്ള ബോധം നമുക്കുണ്ടായി ആ ബോധത്തിന് എന്ത് പറയും ഭരപക്ഷം ഞാൻ എന്തുകൊണ്ട് ബോധമുണ്ടായി പ്രസവത്തെ കണ്ടോ അതുപോലെ തന്നെ മറ്റൊരാറാണ് അഭാന അഭാന ആപാതകമായ അവർ ന ഭാതി ഇത്യാദി ന ഭാതി അങ്ങനെ അനുഭവപ്പെടുന്നേ ഇല്ല പുസ്തകത്തിൻ്റെ അനുഭവമേ ഇല്ല എന്ന് പറയുന്നതിന് കാരണമായിരിക്കുന്ന അപാന അപാതകം എന്ന് പറയുന്നത് പുസ്തകം അനുഭവപ്പെടുന്നില്ല എന്നാണ് പറയുന്നത് ഉണ്ടായിരിക്കുകയില്ലായിരിക്കും പക്ഷെ എനിക്ക് അനുഭവപ്പെടുന്നില്ല ഈ പറയുന്നതാണ് എന്താ അഭാന അപാതകമായ ഇപ്പോഴും നമ്മുടെ ഉള്ളിലെ ഒരു ആവരണം ഉണ്ടോ എന്ന് വെച്ചാൽ എന്തോ നമുക്ക് പുസ്തകത്തെ കുറിച്ചുള്ള അറിവിന് തടസ്സമായി എന്തോ നിൽക്കുന്നുണ്ടെന്നാണ് ഞാൻ പറയാണ് പുസ്തകമുണ്ട് എന്ന് പറഞ്ഞാൽ അഭാന ആപാതകം ആവരണം നശു ആവരണം നശിക്കും എന്താണ് ആ പറഞ്ഞത് എനിക്ക് അനുഭവപ്പെടുന്നില്ലെന്നാണ് ഞാൻ പറയുന്ന പുസ്തകമുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അനുഭവപ്പെടും പുസ്തകം ഇല്ല അപ്പൊ അഭാന അപാതകമായ അവരുടെ ആ അവരുടെ നശിക്കണമെങ്കിൽ അത് നിങ്ങൾക്ക് അനുഭവപ്പെടണം അപ്പൊ പുസ്തകം എങ്ങനെ അനുഭവപ്പെടുന്നത് എങ്ങനെ അനുഭവപ്പെടും ഈ സഞ്ചിക്കാത്തിരിക്കുന്ന പുസ്തകമെടുത്ത് ഞാൻ നിങ്ങളെ കാണിക്കുന്നു അപ്പൊ നിങ്ങൾക്ക് എന്തുണ്ടാവും ആ പുസ്തകമാണെന്നുള്ള അപ്പോ എന്താണ് പുസ്തകത്തെ ഞാൻ അറിയുന്നു എന്നുള്ള ബോധം ഉണ്ടാകുന്നു നിങ്ങളുടെ അവിടെ എന്ന് പറഞ്ഞാൽ അവിടെ എന്ത് ചെയ്തു അഭാന ആപാതകമായിരുന്നു അജ്ഞാനം നശിച്ചു ഇപ്പൊ അത് അനുഭവപ്പെടുന്നു ഭാതി അനുഭവപ്പെടുന്നു എന്നാണ് അപ്പോ പുസ്തകം അനുഭവപ്പെടുന്നുവെന്ന് നിങ്ങൾക്ക് എന്തുകൊണ്ട് പറയാൻ കഴിയുന്നുണ്ട് ഞാൻ പുസ്തകം കൊടുത്ത് കാണിച്ചോണ്ട് പുസ്തു കൊടുത്ത് കാണിച്ചപ്പോ എന്താ സംഭവിച്ചത് പുസ്തകവുമായിട്ട് ഇന്ദ്രിയത്തിന്റെ സന്നികർഷം ഉണ്ടായി പുസ്തകം പ്രത്യക്ഷമാണ് അപ്പോ പിന്നെ നിങ്ങൾ പറയൂ എന്ന ഭാവി പുസ്തകം അനുഭവപ്പെടുന്നില്ല എന്ന് പറയൂ ഇല്ല അപ്പൊ നേരിട്ട് കണ്ടു കഴിഞ്ഞപ്പോ ഏതാവരണവും നശിച്ചത് അപാനാപാതകമായ അവർണം നശിച്ചു അപ്പോ അപാനാപാതകമായ ആവർണ എന്തുകൊണ്ട് നശിക്കും അപരോക്ഷമായ ഞാനതുകൊണ്ട് നശിക്കും ഇവിടെ ജ്ഞാനത്തെ രണ്ടായി തീരിക്കുന്നു ഒന്ന് പരോക്ഷ ജ്ഞാനവും മറ്റൊന്ന് അപരോക്ഷം അപ്പോ അവിദ്യയ്ക്ക് രണ്ട് ശക്തി ഉണ്ടൊന്ന് ആവരണവും ഒന്ന് വിക്ഷേപവും അതിൽ ആവരണം എന്ന് പറയുന്നത് രണ്ട് തരത്തിലുണ്ട് അസത്വ അപാതവും അഭാന അപാതവും അത് അഭാനാപാതകം എന്ന് പറയുന്ന അത് എനിക്ക് അനുഭവപ്പെടുന്നില്ല എന്നുള്ള ആവരണം എന്നുള്ള വ്യവഹാരത്തിന് കാരണമായ ആഭരണം എന്ന് പറയും അതല്ല ആഭരണം എനിക്ക് അനുഭവപ്പെടുന്നില്ല ആ എന്നുള്ള ആ വ്യവഹാരം എന്ന് വെച്ചാൽ ചിന്തയോ വാക്കോ പ്രവൃത്തിയോ അതിന് കാരണമായിരിക്കുന്ന ആഭരണം എങ്ങനെയാണ് നശിക്കുന്നത് വസ്തുവിന്റെ പ്രത്യക്ഷം ഞാനും കൊണ്ട് അപരോക്ഷം ഞാനുകൊണ്ട് നശിക്കും ശ്രദ്ധിച്ചു മനസ്സിലാവും അപരോക്ഷം ഞാനുകൊണ്ട് അത് നശിക്കും ഇനി അസത്വാപാതകമായ ജ്ഞാനം ഇത് അപരോക്ഷം ഞാനും കൊണ്ട് നശിക്കും എങ്ങനെ പ്രത്യക്ഷമാണെങ്കിൽ അഭാനാപാതകമായ അജ്ഞാനം നശിക്കുമെന്ന് പറഞ്ഞു ഞാൻ ചോദിക്കുന്ന അസത്വാപാതകമായ അജ്ഞാനം നശിക്കുമെന്ന് ആലോചിച്ച് ആലോചിച്ച് പറയുന്നു എന്താണ് എങ്ങനെ ഉം അസത്വാപാതകം ഇല്ല എന്ന് ആ ബോധത്തെ ഉണ്ടാക്കുന്നതായ ആ ആവരണം അത് അപരോക്ഷ കൊണ്ട് നശിക്കുമെന്നാണ് ചോദിച്ചത് എങ്ങനെയാണ് നശിക്കുന്നത് അപരോക്ഷ വൃത്തി കൊണ്ട് രണ്ടാവരണം നശിക്കും ഞാൻ പുസ്തകത്തെ നേരിട്ട് കാണുന്നു എന്നിരിക്കട്ടെ ഞാനിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നു കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് എന്താണ് ഇതില്ല എന്നുള്ള ബോധം പിന്നെ ഉണ്ടാവും അപ്പോ അസത്വ ആപാതകമായ ആവരണം നശിച്ചു എന്നർത്ഥം അസത്വ ആപാതകമായ ആവരണം എന്താ ചെയ്യുന്നത് നമുക്ക് ഇല്ല എന്ന് ബോധം ഉണ്ടാക്കുകയാണ് പ്രത്യക്ഷമായും കണ്ടപ്പോ പിന്നെ ഇല്ല എന്ന് ബോധം ഉണ്ടാവും അപ്പോ അസത്വപാതകത്ത് നശിച്ചു ഇനി അഭാനാപാതകമായ അതൊന്നും അനുഭവപ്പെടുന്നേ ഇല്ല എന്നുള്ള ആവരണം അത് പിന്നെ കാണും പ്രസ്തവത്തെ നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ അത് നശിക്കും അപ്പൊ അപരോക്ഷമായ വൃത്തിയുണ്ട് അപരോക്ഷ വൃത്തി എന്തൊക്കെ അപരോക്ഷം ഞാനാണോ അസത്വപാതകമായ ആവരണവും അഭാനാപാതകമായ ആവരണവും രണ്ടും നശിക്കും രണ്ടും നശിക്കും ഇനി പരോക്ഷമായ ജ്ഞാനമാണ് എന്താ നശിക്കുന്നത് അസത്വാപാദമായ മാത്രമേ നശിക്കത്തുള്ളൂ അഭാനാപാതമായ ആജ്ഞാനം നശിക്കുന്നത് എന്ത് വേണം അപരോക്ഷമായ ജ്ഞാനമാണ് അതുകൊണ്ടാണ് ഭാവനികാരൻ എന്താ പറയുന്നത് നമുക്ക് വാക്യത്തിൽ നിന്ന് ജ്ഞാനമുണ്ടാകും വാക്യജന്യമായ ജ്ഞാനം അപ്പോ നമ്മൾ ഒരാൾക്ക് ബ്രഹ്മത്തെക്കുറിച്ചൊരു ബോധമില്ല അയാൾ അറിയുന്നില്ല ബ്രഹ്മം എന്നുള്ള കാര്യത്തെക്കുറിച്ച് അറിയില്ല അയാളെ സംബന്ധിച്ചിടത്തോളം എന്താണോ അസത്വാപാതകമായ ഇല്ല എന്നുള്ള ബോധം ഉണ്ടാക്കുന്ന അജ്ഞാനം അല്ലെങ്കിൽ ഉണ്ട് എന്നുള്ള ബോധം ഉണ്ടാക്കാത്ത അജ്ഞാനം ആ ജ്ഞാനമുണ്ട് രണ്ടരീതിയിലും പറയാം അപ്പോ ബ്രഹ്മമുണ്ടോ എന്ന് ചോദിച്ചാൽ ആൾ പറയും എനിക്കറിയില്ല എന്ന് പറഞ്ഞാൽ എന്താണ് ഉണ്ട് എന്നുള്ള ബോധത്തെ ഇനി ബ്രഹ്മം ഉണ്ടാകുന്ന ചോദിച്ചാൽ ഒരാൾ ഇല്ല എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താണ് ഇല്ല എന്നുള്ള ബോധത്തെ ഉണ്ടാക്കുന്ന ഒരവർണ്ണാരണം മനസ്സിലായ ബ്രഹ്മമുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരാൾ പറയുന്നു എനിക്കറിയില്ല എന്ന് പറഞ്ഞാൽ എന്താ എന്നാണ് എനിക്കറിയില്ല എന്ന് പറഞ്ഞ ഇല്ല എന്നുള്ള ബോധത്തെ ഉണ്ടാക്കുന്ന ഒരാവർണയുടെ ആ ഒരാവണുള്ളതുകൊണ്ടാണ് അയാൾക്ക് ഇല്ല എന്നുള്ള ബോധം ഉണ്ടാക്കുന്നത് ഇനി ഒരാൾ പറയാണ് ബ്രഹ്മം ഇല്ല എന്ന് പറഞ്ഞാൽ എന്താണ് ഒരാൾ പറയും ബ്രഹ്മുണ്ടോ ഇല്ല എന്ന് പറഞ്ഞാൽ എന്താണ് ഇല്ല എന്നുള്ള ബോധത്തെ ഉണ്ടാകുന്ന ഒരാവരണ ഉള്ളിലുണ്ട് അതിനകത്ത് നമുക്കിങ്ങനെയും പറയാം ഉണ്ട് എന്നുള്ള ഒരു ബോധത്തെ ആ ബോധം ഉണ്ടാകുന്നതിന് തടസ്സമായും ഒരു ആവരണമായ ഉള്ളിലുണ്ട് പറയാം എന്തായാലും ആവരണം ഉണ്ടെങ്കിൽ ഒന്നുകിൽ ആള് പറയും ബ്രഹ്മം ഇല്ല അല്ലെങ്കിൽ പറയും എനിക്കറിയില്ല രണ്ടെങ്കിലും ഒന്ന് പറയും ആ പറഞ്ഞത് അപ്പോ ശ്രുതി പറയുന്നു അല്ലെങ്കിൽ വീട് പറയാനുള്ള ബ്രഹ്മുണ്ട് ബ്രഹ്മം എന്ന് പറയുന്ന ഒന്ന് െന്ന് പറഞ്ഞു അയാൾ എന്താ സംഭവിക്കുന്നത് അയാൾക്ക് ഇതുവരെ അയാളുടെ ധാരണ എന്തായിരുന്നു ഇല്ല എന്നായിരുന്നു അപ്പൊ നാസ്തി എന്നുള്ള അയാളുടെ ആ ഇപ്പോഴത്തെ അറിവ് അതിന് കാരണമായിരിക്കുന്ന അവർ നിശ്ചി എന്ന് വെച്ച ബ്രഹ്മമുണ്ട് എന്ന് പറഞ്ഞപ്പോ അയാൾക്ക് ഉണ്ടെന്നുള്ള ബോധമുണ്ടായി ബ്രഹ്മമുണ്ട് എന്ന് പറഞ്ഞപ്പോ എന്ത് ചെയ്യുന്നു െന്നുള്ള ബോധം ഉണ്ടായി അപ്പൊ ഇല്ല എന്ന് അതുവരെ ഉണ്ടായിരുന്ന അയാളുടെ ആ ഇല്ല എന്നുള്ള ബോധം ഉണ്ടാക്കുന്നതിന് കാരണമായിരുന്ന അയാളുടെ ആഭരണം നിശ്ചിച്ചു അപ്പൊ ഈ അയാളുടെ ഉള്ളിൽ ബ്രഹ്മ ഉണ്ട് എന്ന് പറഞ്ഞപ്പോ ഉണ്ടെന്നുള്ള ബോധം ഉണ്ടായതുകൊണ്ടാണ് ആഭരണം നിശ്ചിച്ചത് അപ്പൊ ഉണ്ടെന്നുള്ള ആ ബോധത്തെ ഉണ്ട് എന്നറിഞ്ഞു ബ്രഹ്മ ഉണ്ട് എന്നറിഞ്ഞ ആ ബോധത്തെ എന്ത് പറയും പരോക്ഷ ഞാനും പരോക്ഷ ജ്ഞാനം കൊണ്ട് അസത്വ അപാതകമായ ജ്ഞാനം എന്ന് വെച്ചു രണ്ടാമത് അയാൾ എന്ത് ചെയ്യുന്നു ബ്രഹ്മത്തെ പ്രത്യക്ഷമായി അറിയുന്നു എങ്ങനെ അഹം ബ്രഹ്മാസ്മി എന്നറിഞ്ഞു എങ്ങനെ അറിഞ്ഞു സമാധിയിലൂടെ അറിഞ്ഞു അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു അപാന അപാതകമായ ജ്ഞാനം എന്നിട്ട് ബ്രഹ്മ അനുഭവപ്പെടുന്നില്ല അവിടെ ചോദിക്കാമല്ലോ ബ്രഹ്മം ഉണ്ടെങ്കിൽ ഞാൻ അറിയണ്ടേ എനിക്കങ്ങനെ ഒരു അനുഭവമില്ല അപ്പൊ ബ്രഹ്മ അനുഭവപ്പെടുന്നില്ല എന്ന് പറയുന്ന ആ ആവരണം അഭാനാപാതകം അനുഭവപ്പെടുന്നില്ല എന്നുള്ള ബോധത്തെ ഉണ്ടാക്കുന്ന ആവരണം അത് നശിച്ചു ഇങ്ങനെ ഞാൻ ബ്രഹ്മമാണെന്ന് അറിഞ്ഞപ്പോ അപ്പൊ ഈ അറിവിനെ എന്ത് പറയും കാരണം അത് സമാധിയിലുണ്ടാവുന്നു ഇതാണ് ബാമതികാരന്റെ പ്രത്യേകത അപ്പൊ ബ്രഹ്മം ഉണ്ട് എന്നൊരാൾക്കറിയാം അറിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ അതിന്റെ അർത്ഥം അയാൾക്ക് പരോക്ഷം ഞാൻ ഉണ്ടായി എന്നാണ് ഒരാൾ ഞാൻ ബ്രഹ്മമാകുന്നു എന്നാണ് അറിയണമെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ് അപരോക്ഷം ഞാൻ അങ്ങനെ ഉണ്ട് ഞാൻ ബ്രഹ്മമാണോ എന്നറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അയാൾ അസത്വപാതകമായ ആവരണം കാണൂ അത് കാണത്തില്ല ബ്രഹ്മം ഇല്ല എന്നുള്ള ആ ഒരു ബോധത്തെ ഉണ്ടാക്കുന്ന ആവരണം പിന്നെ അയാൾ കാണുന്നില്ല അപ്പൊ അപരോക്ഷ ജ്ഞാനം കൊണ്ട് അസത്വ അപാതവും അപാനാപാതവുമായ രണ്ടാവരണത്തെയും നശിപ്പിക്കും ഏതുകൊണ്ട് അപരോക്ഷ ജ്ഞാനമുണ്ട് എന്നാൽ പരോക്ഷ ജ്ഞാനം കൊണ്ട് എൻ്റെ നശ്യത്തുള്ളൂ അസത്വ അപാതകമായ അതുകൊണ്ടാണ് വാക്യജന്യമായ ജ്ഞാനം ഭധികാരം പറയുന്നതാണ് വാക്യശ്രവണ ജന്യമായ ജ്ഞാനം എന്ന് പറയുന്നത് ബ്രഹ്മ ഉണ്ട് എന്നുള്ള ജ്ഞാനമാണത് അത് പരോക്ഷ ജ്ഞാനമാണ് അതുകൊണ്ട് എന്ത് വരും അസത്വ ആപാതകമായ അജ്ഞാനം നശിക്കും വീണ്ടും അജ്ഞാനം ശേഷിക്കും ആവരുടെ രൂപത്തിലുള്ള അജ്ഞാനം ഏത് അഭാനാപാതകമായ അനുഭവപ്പെടുന്നില്ല എന്നുള്ള ബ്രഹ്മമുണ്ട് പക്ഷേ എനിക്ക് അനുഭവപ്പെടുന്നില്ല എന്ന് പറയും അഭാനാപാതകമായ ആവറിനെ ശേഷിക്കും അതിനെ നശിപ്പിക്കണമെങ്കിൽ എന്ത് വേണം എന്ത് വേണം സമാധിയിൽ പോയി അപരോക്ഷമായി ബ്രഹ്മത്തെ സാക്ഷാത്കരിക്കും അപ്പോ അവിടെ എന്ത് വേണം അഖണ്ഡമായ ബ്രഹ്മത്തെക്കുറിച്ചുള്ള ഞാനും ഉണ്ടാവണം അഖണ്ഡമായ ബ്രഹ്മത്തെക്കുറിച്ചുള്ള ഞാനും ഉണ്ടാവണം ജ്ഞാനത്തിനെയാണ് വൃത്തി എന്ന് പറയുന്നത് അതിന് അഖണ്ഡാകാര വൃത്തി എന്ന് പറയും അത് ആവരണത്തിന് രണ്ടു തരത്തിലുള്ള സ്വഭാവം ഉള്ളതുകൊണ്ടാണ് ഒന്ന് അസത്വ അപാതകമായ ശക്തിയും മറ്റൊന്ന് അപാന ഇത് ഇതിന് ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ഭാവതി കാരണം എന്തുകൊണ്ട് ബാക്യജന്യമായ ജ്ഞാനം പരോക്ഷജ്ഞാനവും സമാധിയിലെ ജ്ഞാനം അപരോക്ഷം ബാക്യജന്യമായ ജ്ഞാനം പരോക്ഷജ്ഞാനം കൊണ്ട് അസത്വാപാതകമായ അവരണംസിക്കും അപരോക്ഷ ജ്ഞാനം കൊണ്ട് സമാധിയിലെ കൊണ്ട് പിന്നെ നശിക്കാവുന്നല്ലേ ഉള്ളൂ അപാനാത അപാതകമായ അപ്രോക്ഷം ഞാനും കൊണ്ട് രണ്ടും നശിക്കുമെന്ന് പറയുന്നത് ഈ പുസ്തകത്തിൻ്റെ ഉദാഹരണത്തിലാണ് പുസ്തകത്തെ ഓർമ്മിക്കുന്നൊക്കെ ഒരാറിവില്ല ഞാൻ പുസ്തകം എടുത്ത് കാണിക്കുന്നു അപ്പൊ അവിടെ എന്ത് ചെയ്തു അസത്വ അപാതകമായ ഞാനും നശിച്ചു അപാനാപാതകമായ ഞാനും ഉന്നയിച്ചത് ആ പുസ്തകം ഇവിടെ ഉണ്ടെന്ന് നമ്മൾ പറയും ഞാൻ കാണുന്നു എന്ന് ഇവിടെ അങ്ങനെയല്ല ശബ്ദത്തിൽ നിന്നാദ്യം പരോക്ഷം ഞാൻ ഉണ്ടാവും ബ്രഹ്മത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ശബ്ദത്തിൽ നിന്ന് അപ്പൊ അസത്വാപാതകമായി ഇല്ല ബ്രഹ്മം എന്നുള്ള ബോധം പോയി എന്നിട്ടെന്താണ് ബ്രഹ്മം ഉണ്ടെന്നുള്ള ഞാൻ കരുത് ഇതാണ് അസത്വ അപാതമായ ജ്ഞാനത്തിന്റെ നാശം കാരണം എന്താണ് അതിന് കാരണം എന്താണ് പരോക്ഷ ജ്ഞാനത്തിന് കാരണം വേദാന്ത വാക്യശ്രമം പണ്ടത്തെ എന്ത് വരുന്നു അതിനുശേഷം അയാൾ സമാധിച്ചിരിക്കും ജീവിതിച്ചിട്ട് അയാൾക്ക് പ്രത്യക്ഷ ജ്ഞാനം ഉണ്ടാവുന്നു ബ്രഹ്മത്തിന്റെ അപ്പൊ അവിടെ രണ്ടാമത് തന്നെ ഒരു അവരനെ ശേഷിക്കുന്നുള്ളൂ ഏതാണ് ഭാനാപാതകമായ ഞാൻ നശിക്കും അപ്പൊ അതിനാണ് സാക്ഷാത്കാരം എന്ന് പറയുന്നത് വാക്യശ്രവണം കൊണ്ട് എന്തും നശിക്കും അസത്വ അപാതകമായ ജ്ഞാനം സമാധിയിലെ സാക്ഷാത്കാരം കൊണ്ട് എന്തും അങ്ങനെയാണ് ബ്രഹ്മജ്ഞാനത്തിന്റെ ക്രമം പറയുന്നത് ആ വിവേ ചൂടാമണി ഇതിലൊക്കെ എന്ത് വേണം ഈ ബാമതികാല പ്രക്രിയ അനുസരിച്ചാണെങ്കിൽ വിവരണകാരം പറയുന്നത് ശബ്ദത്തിൽ നിന്ന് തന്നെ അപരോക്ഷം ഞാൻ ഉണ്ടാവുമെന്നാണ് സമാധിയൊക്കെ പക്ഷേ ശാബ്ദ ശബ്ദത്തിൽ നിന്നും അപരോഷം ഞാൻ ഉണ്ടാവും ശബ്ദത്തിൽ നിന്നുണ്ടാവും എന്ന് പറഞ്ഞാൽ ശ്രവണങ്ങൾ കേൾക്കുമ്പോൾ തന്നെ യോഗ്യത വേണം ഉണ്ടെങ്കിൽ എന്തൊരും ഉണ്ടാവും ഇതിനെ സമാധിയുടെ ആവശ്യമുണ്ട് പക്ഷെ ഇവിടെ പറയുന്ന എന്താണ് അത് പറ്റില്ല നിങ്ങൾക്ക് ശബ്ദം കൊണ്ട് എന്ത് ജ്ഞാനമേ ഉണ്ടാവൂ പരോക്ഷം ഞാനും ബ്രഹ്മ അസ്ഥി ബ്രഹ്മ ഉണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ഞാനേ ഉണ്ടാവും ഇപ്പൊ വേദാന്ത വാക്യങ്ങൾ ശ്രമിക്കുമെന്ന് ഉണ്ടാകുന്ന ജ്ഞാനം എന്താണ് ബ്രഹ്മ ഉണ്ടെന്നാണ് അഹം ബ്രഹ്മാസ്മല്ല സത്യം ജ്ഞാനം അനന്തം ബ്രഹ്മ എന്ന് വേദം അധ്യയനം ചെയ്യുന്ന ആൾ കേൾക്കുകയാണ് സത്യം ഞാനം അനന്തം ബ്രഹ്മ ആ ഉണ്ടാവും ബ്രഹ്മമുണ്ടെന്നുള്ള ബ്രഹ്മമുണ്ട് എന്നുള്ള ഞാനുണ്ടാകും അത് വാക്യജന്യമായ പരോക്ഷ ജ്ഞാനമാണ് പക്ഷേ എന്ത് ജ്ഞാനം വേണം അഹം ബ്രഹ്മാസ്മി എന്നുള്ള ജ്ഞാനം വേണം എന്ത് വേണം ഞാൻ ഈ ചൂടാവണിയിലൊക്കെ എവിടെയൊക്കെ സമാധിയെക്കുറിച്ച് പറയുന്നു അവിടെ എല്ലാം ഈ പ്രക്രിയയാണ് സ്വീകരിച്ചത് സമാധിയിൽ അപരോക്ഷമായി ഞാൻ ഉണ്ടാകുന്നു സമാധി അപരോക്ഷമായ ഞാൻ ഉണ്ടാവുന്നു എന്ന് പറയുമ്പോ സമാധി എന്ന് പറയുന്നു വേറൊക്കെ മനസ്സിലാക്കാൻ പറ്റില്ല ഇതൊരാളുടെ സ്വകാര്യതയാണ് ഇതൊരാൾ സമാധിയിൽ ഞാൻ ഉണ്ടായത് എന്ന് മറ്റുള്ളവരൊക്കെ പറഞ്ഞാലും അറിയാൻ പറ്റില്ല ഒരു തരത്തിലും അറിയാൻ പറ്റില്ല ഞാനിപ്പോ പറയാണ് എനിക്കഹം ബ്രഹ്മാസ്മി എന്നുള്ള സമാധിയിൽ ഞാൻ ഉണ്ടായെന്നൊരു ഞങ്ങളെന്ത് ചെയ്യും വേറെ ഒരു വഴിയില്ല സ്വർഗത്തെ ഞാൻ പോയിട്ട് തിരിച്ചു വന്നെന്ന് പറയുമ്പോൾ ഞാൻ പറയണം ഞാൻ സ്വർഗത്തിൽ പോയിട്ട് വന്നതേ രാത്രി സ്വർഗത്തിലായിരുന്നു രാവിലെ വന്നു പറഞ്ഞു നിങ്ങൾക്ക് വിശ്വസിക്കാനെങ്കിൽ തള്ളികളെ ഇത്രയോ വേദന ഒരു പറഞ്ഞ വിഷയം സന്നിഹിഷ്ടമാണെങ്കിൽ ശബ്ദത്തിൽ നിന്ന് അപരോഷം ഞാനുണ്ട് കാരണം ആത്മാവ് പറയുന്നത് എന്താണ് വ്യക്തിയുടെ സ്വരൂപമാണ് പുറമെയുള്ള ഒരു വസ്തുവല്ല ആ വ്യക്തിയുടെ യഥാർത്ഥ സ്വരൂപമാണ് എന്ത് ആത്മാവ് അത് ആ വ്യക്തിയുടെ സന്നിഗൃഷ്ടമായിരിക്കുന്ന ഏറ്റവും സന്നിഹൃഷ്ടമായിരിക്കുന്ന ആത്മാവാണ് അറിവ് അപ്പോ നീ അറിവാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്കുണ്ടാകുന്ന ഞാനും എന്താണ് ഞാൻ അറിവാണെന്നും വേറെ എന്തെങ്കിലും ഉണ്ടാകും അതാണ് അവരുപക്ഷ ഞാൻ അവിടെ വേറെ ഒരു മാജിക്കും അത്ഭുതം ഒന്ന് സംഭവിക്കാൻ പക്ഷെ എല്ലാവർക്കും അങ്ങനെ ബോധം ഉണ്ടാവണമെന്നില്ല എന്താണ് അറിവ് നിന്നും ആയൊക്കെ ഒരു പിടിയില്ലെങ്കിൽ ബോധം ഉണ്ടായില്ല എന്ന് പോലും ബോധം ഉണ്ടാവണമെങ്കിൽ അവിടെ യോഗ്യത ആവശ്യമാണ് അപ്പോ എന്താണ് ശബ്ദത്തിൽ നിന്ന് തന്നെ അപരോക്ഷം ഞാനോ അപ്പൊ അവിടെ വരുന്ന വേറെ പ്രത്യേകത ഭാഷികാരൻ പറയുന്നതനുസരിച്ച് ജ്ഞാനത്തിന് പരോക്ഷ അപരോക്ഷമെന്ന് രണ്ട് ഭേദമില്ല അവിടെ അതുകൂടെ സ്വീകരിക്കേണ്ടി വരും ജ്ഞാനം എന്ന് വരുന്ന സ്വയം പ്രകാശു അപരോക്ഷ അതെപ്പോഴും എന്തായിരിക്കും അത് ജ്ഞാനം അല്ലെങ്കിൽ അറിവിനും ഒളിഞ്ഞിരിക്കാൻ പറ്റും ഞാനെപ്പോഴും എന്തെയും അറിവ് അറിവായി തന്നെ പ്രകാശിച്ചുകൊണ്ട് തന്നെ ഇരിക്കും അത് ഏത് സമയവും നിങ്ങളതിനെ അറിയുന്നു അറിയുന്നില്ലേ എന്നുള്ള വിഷയമൊന്നും അറിവിനെന്തായി ഇരിക്കാൻ പറ്റൂ അറിവായി തീരിക്കാൻ പറ്റും വേറൊരു പത്തിയിരിക്കാൻ പറ്റില്ല അങ്ങനെ നിൽക്കുമ്പോഴെല്ലാം എന്തവരും അറിവായി ഇങ്ങനെ നിൽക്കുന്നു എന്ന് വെച്ചാൽ അറിവ് എപ്പോഴും അപരോക്ഷമാണ് അങ്ങനെയാണ് അപരോക്ഷം എന്ന് പറയുന്നത് ഇപ്പോൾ ഉറക്കത്ത് നിങ്ങൾ അറിയുന്നുണ്ട് എങ്ങനെയും പക്ഷേ നിങ്ങളുടെ ഉള്ളിൽ അറിവ് എന്ത് അത് പ്രകാശം തന്നെ എന്ന് ചോദിച്ചാൽ അത് അപരോക്ഷമായി പ്രകാശിച്ചുകൊണ്ടേ പ്രത്യക്ഷമായി പ്രകാശിച്ചുകൊണ്ടേണ്ടിയിരിക്കും അപ്പോ ഉണർന്നു വരുമ്പോൾ ആരെങ്കിലും പറയാണ് നീ അറിവാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അറിവാണെന്നറിയുന്നു കേട്ടാണ് അറിയുന്നത് അപ്പോൾ അറിവ് ഏകരൂപമാണ് ഏക രസമാണ് ഏക സ്വഭാവമാണ് എന്നാണത് അപരോക്ഷ സ്വഭാവം അതുകൊണ്ട് പരോക്ഷം ഞാൻ അങ്ങനെ ഒരു ജ്ഞാനമേ ഇല്ല എന്നാണ് ഭാഷകാരന്റെ പ്രക്രിയയിൽ നിന്നും നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ മനസ്സിലാവും വ്യത്യാസം പിന്നെ ഈ പരോക്ഷം ഞാൻ ആപ്രേഷം ഞാനൊന്ന് സാറിന് എന്തിനാണ് പറയുന്നത് ഞാനിപ്പോ പറഞ്ഞിട്ടുള്ളതാണ് എന്തെയാ പറയുന്നത് അമേരിക്ക എന്ന് പറയുന്നത് ഇപ്പൊ എന്നെ സംബന്ധിച്ച് പരോക്ഷമാണ് എന്തുകൊണ്ട് സുന്ദ്രിയ സന്നികർഷത്തിന്റെ ഇല്ലാതെ ദൂര ഒരു ദേശമാണ് പരോക്ഷമാണ് മേശ എന്ന് പറയുന്നത് പരോക്ഷമാണ് അപ്പൊ ജ്ഞാനത്തിലുള്ള പരോക്ഷം പരോക്ഷം വന്ന് എവിടെയാണ് വന്നത് വിഷയത്തിലാണ് അമേരിക്ക എന്ന് അറിയുമ്പോഴും എൻ്റെ ഉള്ളിൽ എന്താണുള്ളത് അറിവ് മേശ എന്ന് അറിയുമ്പോൾ എൻ്റെ ഉള്ളിലുള്ള എന്താണ് അറിവ് ടുത്ത് അറിവെന്താണ് രണ്ടറിവാണ് ഒരേ അറിവ് അറിവെന്ന് വരുന്ന ഓരോ രൂപത്തിൽ പ്രകാശിച്ചുകൊണ്ടിരിക്കും അറിവിന് വ്യത്യാസമൊന്നുമില്ല വിഷയം മാറും ഇന്ദ്രിയവുമായിട്ട് സന്നിഹർഷം ഉണ്ടാകുകൊണ്ട് അമേരിക്ക എന്ന് പറയുന്ന വിഷയം എനിക്കെന്തായി പരോക്ഷം ഇന്ദ്രിയവുമായി സന്നിഹർഷം കൊണ്ട് മേശ എന്ന് പറയുന്ന എനിക്ക് അപരോക്ഷം അപ്പൊ പരോക്ഷ അപരോക്ഷ ഭേദം എന്ന് പറയുന്ന വിഷയത്തിലാണ് എവിടെയല്ല ജ്ഞാനത്തിലല്ല മിക്കവാറും അഭിനീത ബോധ വ്യത്യാസം മനസ്സിലാക്കിയ പിന്നെ അവനവനെ കുറിച്ചുള്ളതല്ല അവനവൻ ജ്ഞാനമാണ് അവനവനെ കുറിച്ചുള്ള ജ്ഞാനത്തെക്കുറിച്ചല്ല പറയുന്നത് അവനവൻ സ്വയം എന്താണ് ജ്ഞാനമാണ് അതെപ്പോഴും എന്തായിരിക്കും അപരോക്ഷമായി തന്നിരിക്കും അവനെ നിങ്ങൾ അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും എന്താണ് അപരോക്ഷം അതുകൊണ്ടാണ് അതിന് ബ്രഹ്മം അപരോക്ഷം അങ്ങനെ ആ അവിടെ അപരോക്ഷമായി എപ്പോഴും ഇരിക്കുന്നത് ജ്ഞാനം മാത്രമേ വിഷയങ്ങൾ പരോക്ഷമാണ് ഞാൻ ഇപ്പോൾ മുറിയിരുന്ന മേശ എനിക്ക് പരോക്ഷമാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ മേശ എനിക്ക് അപരോക്ഷമാണ് ഞാൻ മുറിയിരുന്നാലും ഇവിടെ ഇരുന്നാലും എൻ്റെ ഉള്ളിലെ അറിവ് എങ്ങനെ ഇരിക്കുന്നു പറയുന്നിടത്ത് ഒന്നിനെ അങ്ങി ഒരു സിദ്ധാന്തത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് അതായത് നമ്മുടെ ശരീരം മനസ്സ് നമ്മുടെ ബ്രെയിൻ ഇതെന്തെല്ലാം വേറിട്ട് ഞാൻ എന്ന് പറയുന്ന ഒന്ന് സ്വതന്ത്രമായി നിൽക്കുന്നുവെന്നും അത് അപരോക്ഷമാണോന്ന് അംഗീകരിച്ചുകൊണ്ടാണ് ഈ പറയുന്നത് അങ്ങനെ ഒരു സിദ്ധാന്തത്തിലാണ് പറയുന്നത് ഞാൻ അപരോക്ഷമാണ് ഞാൻ അവരോഷം പറയണമെങ്കിൽ എന്ത് വേണം നമ്മുടെ ശരീരത്തിൽ നിന്നും നമ്മുടെ ബ്രെയിനിൽ നിന്നും ഒക്കെ വേറിട്ട് ഒന്ന് വേണം എന്ത് അത് അവരോഷമായി എന്നാലേ ഞാൻ അവരോഷം പറയാം വിഷയം രോഗത്തിന് രണ്ട് രൂപം വരാം പരോക്ഷമായിരിക്കാം അപരോക്ഷമായിരിക്കാം ഉള്ളിലിരിക്കുന്ന അറിവിന് ഒരു രൂപത്തിലിരിക്കാൻ പറ്റും എന്ത് അറിവിന് അപരോക്ഷമായിട്ട് ഇരിക്കാൻ പറ്റും അതതിൻ്റെ സ്വഭ സ്വരൂപമാണ് ആ പുറത്തുള്ള വിഷയങ്ങൾ പരോക്ഷം അപരോക്ഷമാകുന്നത് നമ്മൾ സാറിന് അപരോക്ഷം എന്ന് പറയുന്ന ഇന്ദ്രിയാർത്ഥ സന്നിവേക്ഷം ഉണ്ടായി ഉള്ളിൽ ആ ജ്ഞാനത്തിന്റെ വിഷയത്തെ നമ്മൾ പറയും ഇത് അപരോക്ഷം പ്രത്യക്ഷ വിഷയങ്ങൾ ഈ വിഷയങ്ങളുമായിട്ട് ഇന്ദ്രിയ സന്നിവേക്ഷമുണ്ടായി ജ്ഞാനം ഉള്ളിലുണ്ടാകുമെന്ന് നമ്മൾ പറയും തൈ ഇതെനിക്ക് പ്രത്യക്ഷമായി എന്നുവെച്ചാൽ അപരോക്ഷമായിസ്തുവായിട്ട് ഇന്ദ്രിയ സന്നിവേഷം ഉണ്ടായ ജ്ഞാനം ഉണ്ടായി അതേ അസ്ഥി ബോധം മാത്രമാണ് പരോക്ഷമായിരിക്കുന്നു അപരോക്ഷം ജ്ഞാനമില്ലാന്ന് പറഞ്ഞാൽ അപരോക്ഷമായി വിഷയത്തെ അറിയുന്നില്ല എന്ന് പറഞ്ഞു പ്രത്യക്ഷമായി വിഷയത്തെ അറിയുന്നില്ല അവിടെ തന്നെ പ്രത്യക്ഷവും എന്താണ് അപരോക്ഷൻ വ്യത്യാസമില്ല ജ്ഞാനത്തിന് മാത്രമേ അപരോക്ഷം എന്ന് പറയാൻ പറ്റൂ വിഷയങ്ങളെ സംബന്ധിച്ച് എന്തോരം ഇന്ദ്രിയങ്ങൾക്ക് വിഷയമായി കഴിഞ്ഞാൽ അതിനെ പ്രത്യക്ഷമെന്ന് പറയാം വിഷയം അല്ലെങ്കിൽ എന്ത് വരാം അതിനെ പരോക്ഷം എന്ന് പറയാം ഇത് പ്രത്യക്ഷവും പരോക്ഷമാണ് പക്ഷേ ജ്ഞാനത്തെ സംബന്ധിച്ച് എന്താണ് അത് അപരോക്ഷമാണ് വേണമെങ്കിൽ പ്രത്യക്ഷമൊന്നും പറയാം പക്ഷേ പ്രത്യക്ഷം എന്ന് പറയുമ്പോൾ തെറ്റിദ്ധാരണ ഉണ്ടാകുന്നതാണ് സാറിന് നമ്മൾ പ്രത്യക്ഷം എന്ന് പറയുന്നത് ഇന്ദ്രിയ സന്നിർഷം കൊണ്ടുണ്ടാകുന്ന അറിവിനേണെന്ന് പറയുന്നത് പ്രത്യക്ഷമാണ് ഇവിടെ ഇന്ദ്രിയ സന്നിർഷം ഞാൻ സ്വയം എങ്ങനെ അപരോക്ഷമായിരിക്കുന്നു അതുകൊണ്ട് അത് അപരോക്ഷം എന്ന് പറയുന്ന ജ്ഞാനത്തിന് മാത്രം അവകാശപ്പെട്ട ഒരു അവസ്ഥയുണ്ട് പ്രത്യക്ഷം എന്ന് പറയുന്ന വിഷയങ്ങൾക്കെല്ലാം പറ്റിയൊന്നാണ് അതുകൊണ്ട് ജ്ഞാനത്തെ സംബന്ധിച്ച് പ്രത്യക്ഷമെന്ന് പറഞ്ഞാൽ തെറ്റില്ല പക്ഷേ പ്രത്യക്ഷം എന്ന് പറയുന്നതിനേക്കാളും ചോദിച്ചെന്താണ് അപരോക്ഷം അപ്പൊ ആ രണ്ട് വാക്കുകളുടെ അർത്ഥത്തിൽ വ്യത്യാസമാണ് എന്ന് പറഞ്ഞാൽ ആ പരോക്ഷം എന്ന് പറഞ്ഞാൽ എല്ലാ അർത്ഥം അത് പരോക്ഷമല്ല എന്നാണ് എന്നാൽ പ്രത്യക്ഷമാണെന്ന് അർത്ഥമുണ്ട് പ്രത്യക്ഷം എന്ന് പറയണമെങ്കിൽ എന്തിനാണ് ഇന്ദ്രിയങ്ങൾക്ക് വിഷയമാണോ അറിവിന്ദ്രിയങ്ങൾക്ക് വിഷയമാകും അപ്പൊ അത് പ്രത്യക്ഷമല്ല അറിവിനെ പ്രത്യക്ഷം പറയാൻ പറ്റും അതുകൊണ്ട് വേണം അറിവിന് ഏത് വാക്ക് ഉപയോഗിക്കുന്നത് അപരോക്ഷം എന്ന് വെച്ചാൽ പരോക്ഷം അല്ല പറയാൻ പറ്റും പുസ്തകം എങ്ങനെയാണോ പരോക്ഷമായിരിക്കുന്നത് അതുപോലെ പരോക്ഷം അല്ല എന്ത് അറിവിൻ അങ്ങനെ പറയാൻ പറ്റും അതുകൊണ്ട് അറിവിന് പ്രത്യക്ഷമെന്നുള്ള വാക്കല്ല യോജിക്കുന്നത് കുറച്ചെന്താണ് അപരോഷം പിന്നെ അപരോക്ഷമെന്നുള്ള ആശയത്തെ മനസ്സിലാക്കാൻ വേണ്ടി വേണമെങ്കിൽ പ്രത്യക്ഷമൊന്നും പറയാവുന്നേ ഉള്ളൂ യോജിക്കത്തില്ല ഒരു വാക്കല്ല അതാ അറിവിന്റെ സ്വരൂപമാണ് അപരോക്ഷതാണ് വേറെ ഒന്നും ഞങ്ങളുടെ സ്വരൂപം ഞാൻ രണ്ടു തരത്തിൽ വരത്തില്ല പ്രത്യക്ഷവും പരോക്ഷവും വരത്തില്ല പിന്നെയോ അത് അപ്രോക്ഷം തന്നെ വിഷയങ്ങൾ രണ്ടു തരത്തിൽ വരാം പ്രത്യക്ഷവും വരും എന്നാണ് എന്റെ വ്യത്യാസം അപ്പോ അങ്ങനെ അപരോക്ഷതയെ സ്വീകരിച്ചു കഴിഞ്ഞാൽ എന്താണ് അപ്പൊ ബ്രഹ്മത്തിന്റെ അപരോക്ഷം ഞാൻ എന്ന് പറഞ്ഞു അതിന് ഇത്രയേ അർത്ഥമുള്ളൂ എന്താണ് ബ്രഹ്മം അപരോക്ഷമാണെന്ന് അറിയുക ഇത്രയും ബ്രഹ്മം അപരോഷമാണെന്ന് അറിയുക വേറെ അപരോഷം ഞാൻ തന്നെ അർത്ഥമൊന്നും കാരണം അപരോക്ഷമായിരിക്കുന്നതിന്റെ അപരോഷം പിന്നെ ഉണ്ടാകേണ്ട ആവശ്യം ഉദാഹരണം പറഞ്ഞ ഇത് ഉപപ്രത്യക്ഷമാണ് ഇനി പ്രത്യക്ഷമായിരിക്കുന്നത് ഇത് വീണ്ടും പ്രത്യക്ഷമാണ് ആയി കഴിഞ്ഞല്ലോ പ്രത്യക്ഷമായിരിക്കുന്ന എങ്ങനെയാണോ വീണ്ടും പ്രത്യക്ഷം ആകേണ്ട ആവശ്യമില്ലാതിരിക്കുന്നു അതുപോലെ അപരോക്ഷമായിരിക്കുന്നതിന്റെ വീണ്ടും അപരോഷതയുടെ ആവശ്യമില്ല അപ്പൊ ബ്രഹ്മത്തിന്റെ അപരോഷം ഞാൻ എന്ന് പറഞ്ഞാൽ എന്താ എന്റെ അർത്ഥം ബ്രഹ്മം അപരോക്ഷം ബ്രഹ്മത്തിന്റെ അപരോഷം ഞാൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം ബ്രഹ്മം അപരോഷമാണെന്നറിയാം എന്താണ് ചോദിച്ചത് അതിന്റെ ഒന്നും ആവശ്യമുണ്ട് ഈ പറയുന്ന ഒന്നിന്റെ ആവശ്യമുണ്ട് രണ്ടും ഞാൻ സ്വീകരിക്കുന്നിടത്താണ് ഇതിന്റെ ആവശ്യം വരുന്നത് അതിന്റെ അഭാനാപാതവും അസത്വ അപാതവും എന്നൊക്കെ പറയുന്നത് രണ്ടു തരത്തിലുള്ള ഞാനത്തെ സ്വീകരിക്കുന്നതാണ് ഞാനൊന്നാണെങ്കിൽ ഇതിന്റെ ആവശ്യം ഭാഷ്യത്തിൽ ഇങ്ങനെ ഒരു ആശയം ഭാഷ്യത്തിൽ നിന്നാണ് ഈ ആശയം കിട്ടുന്നത് ബ്രഹ്മ അപരോക്ഷമാണോ എന്നുള്ള ആശയം കിട്ടും ഇപ്പോ ബ്രഹ്മജ്ഞാനം എന്ന് പറയുന്ന ഈ ജ്ഞാനത്തിനു വേണ്ടി സമാധിയുടെ ആവശ്യമുണ്ടാകുന്നത് ഭഗവാധികാരം പറയുന്ന എന്താണോ സമാധി കൂടിയേ തീരും സമാധിയിലാണ് അപ്രോക്ഷം ഞാൻ ഉണ്ടാകുന്നത് സമാധി പ്രക്രിയയിലൂടെ അക്രോക്ഷം ഞാൻ ഉണ്ടാകും അപ്പോഴാണ് ബ്രഹ്മത്തിൻ്റെ സാക്ഷാത്കാരം അതിനെയാണ് ബ്രഹ്മ സാക്ഷാത്കാരം എന്ന് പറയുന്നത് അവിടെയാണ് അജ്ഞാനം നശിക്കുന്നത് അവിടെയാണ് ഒരാളെ അല്ല ഇതിനൊക്കെ വ്യത്യാസം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ പ്രശ്നങ്ങൾ പഠിക്കുന്നതെന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെയാണ് അദ്വൈതത്തിൻ്റെ ചിന്താഗതികളെന്ന് മനസ്സിലാക്കുക അദ്വീത ദീപികയൊക്കെ ഇതിനെങ്ങനെ പഠിക്കുന്നത് അതിനിങ്ങനെ ഇങ്ങനെ ഒരുപാട് അതിൻ്റെ ഉള്ളിൽ ഒരുപാട് സംഗതികൾ നടക്കണമെന്ന് മനസ്സിലാക്കണം